ഇന്ന നല്ല വസ്തുക്കൾ നിങ്ങൾക്ക് അനുവദനീയമാക്കിയിരിക്കുന്നു വേദം നൽകപ്പെട്ടവരുടെ ഭക്ഷണവും നിങ്ങൾക്ക് അനുവദനീയമാണ് നിങ്ങളുടെ ഭക്ഷണവും അവർക്ക് അനുവദനീയവുമാണ് വിശ്വാസികളായ ചാരിത്രവതികളും നിങ്ങൾക്ക് മുൻപ് വേദം നൽകപ്പെട്ടവരിൽ നിന്നുള്ള ചാരിത്രവതികളും നിങ്ങളവർക്ക് പ്രതിഫലം നൽകി വ്യഭിചാരത്തിലോ രഹസ്യബന്ധത്തിലോ ഏർപ്പെടാതെ വിവാഹം കഴിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അനുവദനീയമാണ് എന്നാൽ ഈ വിശ്വാസത്തെ നിഷേധിക്കുന്നവൻ അവൻറെ കർമ്മങ്ങൾ നഷ്ടപ്പെട്ടവനായിരിക്കുന്നു അവൻ പരലോകത്ത് നഷ്ടം സംഭവിച്ചവരിൽപ്പെട്ടവനായിരിക്കും